ഹുദൈവ വിശ്വാസികളിൽ നിങ്ങൾ കരാറ് ചെയ്തവരും പിന്നീട് അവർ നിങ്ങളോട് യാതൊരു കുറവും വരുത്താത്തവരും നിങ്ങൾക്ക് വിരുദ്ധമായി ആരെയും സഹായിക്കാത്തവരും ഒഴികെ അതിനാൽ അവരുടെ കരാർ കാലാവധി വരെ നിങ്ങളത് പൂർത്തിയാക്കുക തീർച്ചയായും അള്ളാഹു സുബാനഹൂവത്ത് ആല സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു